ആലിലയൽ പള്ളിക്കൊള്ളും ബാലഗോപാല ബാലഗോപാല ഞങ്ങളെ കാക്കും സുശീല ആലിലയൽ പള്ളി കൊള്ളും ബാലഗോപാല ബാലഗോപാല ഞങ്ങളെ കാക്കും സുശീല മുൻകൃപയൊന്നങ്കുരിച്ചൽ സങ്കടങ്ങൾ പോയൊള്ളിക്കും മുൻകൃപയൊന്നങ്കുരിച്ചൽ സങ്കടങ്ങൾ പോയൊള്ളിക്കും മംഗൾ മതിൽപം പിന്നിന്ദു മാധവനെ ഹിന്ദു മാധവനെ ഇതിൽപരം സിന്ധു ശ്രീധരനെ സ്വാമി ആലിലയൽ പള്ളിക്കൊള്ളും ബാലഗോപാല ബാലഗോപാല ഞങ്ങളെ കാക്കും സുശീല കായം കൊടുങ്കാനനത്തിൽ മാനസമാം കാളിൻ്റെയിൽ കാമാധിയാം കാളിയനെ മലിനമാക്കിടണം മലിനമാക്കിടണം വേണം ക്രിഭജനാർദ്ദനെ സ്വാമി ആലിലയൽ പള്ളിക്കൊള്ളം ബാലഗോപാല ബാലഗോപാല ഞങ്ങളെ കാക്കും സുശീല നീലലോഹിതാമുകുന്ദ കെട്ടിടം ഗോവിന്ദ കാലിണ നമിച്ചിടുന്നൻ ഗോപികവരനേ ഗോപികവരനേ പരിപാലയവരനെ സ്വാമി ആലിലയൽ പള്ളിക്കൊള്ളം ബാലഗോപാല ബാലഗോപാല ഞങ്ങളെ കാക്കു സുശീല ആലിലയൽ പള്ളിക്കൊള്ളം ബാലഗോപാല ബാലഗോപാല ഞങ്ങളെ കാക്കു സുശീല ആലില്ലയൽ പള്ളിക്കൊള്ളം ബാലഗോപാല ബാലഗോപാല ഞങ്ങളെ കാക്കു സുശീല കാക്കു സുശീല കാക്കു സുശീല